ഭേദം സ്മൃതി ഇതിഹാസം പുരാണം എല്ലാത്തിനും വലിയ വ്യക്തമായി പറയുന്നുകൊണ്ട് ധർമ്മം എന്ന് വെച്ച ചാതു പറഞ്ഞ ധർമ്മം അതാണ് ധർമ്മം അതിനാണ് ധർമ്മം ഓരോ ജാതികളും ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ എന്നുപറയുന്ന ഈ നാല് ജാതികളും ഈ ശാസ്ത്രങ്ങളിൽ വിധിച്ചിരിക്കുന്നതനുസരിച്ച് അവരവരുടെ ആശ്രമത്തിനനുസരിച്ച് നാല് ജാതികളും അവരുടെ ആശ്രമത്തിനനുസരിച്ച് വിധിയനുസരിച്ച് വിധി വളരെ പ്രധാനപ്പെട്ടതാണ് വിധി ജനനം മരണം വരെയുള്ള കാര്യങ്ങൾ ചെയ്യുക അതാണ് ധർമ്മം നമ്മുടെ ഈ ശ്രുതി സ്മൃതി ഇതിഹാസ പുരാണങ്ങളിലെല്ലാം ധർമ്മം എന്ന് പറഞ്ഞാൽ മുഖ്യമായ അർത്ഥം അതാണ് ഓരോരുത്തരും മാനോന്റെ ജാതിക്ക് അനുസരിച്ച് എന്ത് വിരിച്ചിരിക്കുന്നോ അതനുസരിച്ച് പ്രവർത്തിക്കുക ജീവിക്കുക മരിക്കുക സ്വധർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാല് അർജുനനോട് പറയുമ്പോ എന്താണ് അസ്വധർമ്മെച്ചാ യുദ്ധം ആ യുദ്ധം ചെയ്ത് നിധനം ചെറിയ അതിൽ നീ ചത്തുപോകുന്നതാണ് നല്ലത് പലധർമ്മം ബ്രാഹ്മണൻറെ ധർമ്മമാണ് സന്യാസം അതിനെക്കാളും നല്ലത് സന്യാസിച്ച് നീ ജീവിച്ചിരിക്കുന്നതിനും നല്ലത് യുദ്ധത്തിൽ നീ ശത്രുക്കളാൽ മരിക്കുന്നതാണ് അതൊക്കെ പറയുന്നത് ഇത് ഈ നാല് വർണ്ണങ്ങളുടെ ഇപ്പം ബ്രാഹ്മണൻ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയും ബ്രാഹ്മണൻ മോഷ്ടിക്കാൻ പാടില്ല മനസിലായ അതാണ് ബ്രാഹ്മണന്റെ ധർമ്മം പക്ഷെ ബ്രാഹ്മണന് സമ്പത്തൊന്നും ഇല്ലാതെ വന്ന ശൂദന്റെ വസ്തുക്കൾ മോഷ്ടിക്കുക അത് അവധർമ്മം ശൂദ്രന്റെ വസ്തുക്കൾ മോഷ്ടിക്കാന്ന് പറയുന്നത് അവർമത്തെ കുറിച്ച് പറയുന്നത് സ്മൃതികളിലാണ് അപ്പൊ അങ്ങനെ ഓരോരുത്തർക്കും പറയുന്നുണ്ട് മാംസം കഴിക്കാൻ പാടില്ല കഴിക്കുന്നെങ്കിൽ തന്നെ നിയമമുണ്ട് പട്ടിയുടെ ഇറച്ചി കഴിക്കാൻ പാടില്ല പക്ഷെ വിശപ്പ് ഒന്ന് മരിക്കാൻ പോവുകയാണെങ്കി എന്തു ചെയ്യാം പട്ടിയുടെ ഇറച്ചി തിന്ന അത് ആപദ്ധർമ്മ മഹാഭാരത്തിലെ ബഞ്ചാരി വസ്ത്രാക്ഷരം ചെയ്യുമ്പോൾ തന്നെ വിഷമിക്കുന്നുണ്ട് ചോദിക്കുന്നു ഇത് അസമമാണ് െയ്തു മഹാരഥന്മാരൊക്കെ വരികയല്ലേ വിഷ്ണു പിതാ മഹാരെ കാണുന്നില്ലേ അപ്പൊ കർണൻ ആക്ഷേപിക്കുന്നു നീ കുഞ്ഞല്ലേ നീ എന്തിനാണ് നീ ദുജ്യോദന്റെ സഹോദരനല്ലേ നീ എന്തിനെ കുറിച്ച് ധർമ്മത്തെ കുറിച്ച് നീ കുഞ്ഞും പാലൻ നീ നീ മുറിച്ചു പോവു എന്നൊക്കെ ആക്ഷേപിച്ചു വിടുന്നു അപ്പോ പിന്നെ അവിടെ എന്താ പറയുന്ന ഒരു അവിടെ ഒരു ധർമ്മം സ്വന്തം ഭർത്താക്കന്മാര് കുഞ്ഞിരിക്കും അപ്പം ഭീഷ്മു പറയുന്ന കുഞ്ഞെ ഉത്തരം പറയും ആദ്യം മനസ്സിലാക്കേണ്ട എന്താണ് ഇതൊരു കഥയാണ് ഇതൊരു ഒന്നും മനസ്സിലാക്കേണ്ട ഇതൊരു കഥയാണ് അപ്പൊ ഈ ധർമ്മം വിധി നിഷേധങ്ങളെന്നൊക്കെ പറയുന്നത് പൊതുവായ മനുഷ്യർക്ക് വേണ്ടി പറയുന്നതാണ് മനസ്സിലായോ ഇപ്പോൾ ധർമ്മം പറഞ്ഞാൽ ബ്രാഹ്മണൻ അഞ്ചാമത്തെ വയസ്സിൽ ഭയങ്കര നയനം ചെയ്യണേ ഇതൊരു വിധിയാണ് ഇത് പൊതുവായി പറയണം അപ്പോൾ മനുഷ്യൻ്റെ ഓരോരോ ജീവിതത്തിൻ്റെ സന്ദർഭങ്ങളിൽ എന്തു ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ള കാര്യങ്ങളൊന്നും ശാസ്ത്രത്തിൽ പറയത്തില്ല അതൊക്കെ അതാ സമയത്ത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ആൾക്കാർ കൂടിയാലോചിച്ചോ അല്ലെങ്കിൽ സ്വയമോ ആയിട്ടോ ചിന്തിച്ച് വേണ്ട രീതിയിലൊക്കെ പ്രവർത്തിക്കണം അല്ല എല്ലാ കാര്യവും ജീവിക്കാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ റോഡിൽ നടക്കാൻ പോകുന്നു അപ്പോൾ ഒരു പട്ടി കടിക്കാൻ വരുന്നു ഈ പട്ടി കടിക്കാൻ വരുമ്പം എന്ത് ചെയ്യണം എന്നുള്ളത് ശാസ്ത്രത്തിൽ എഴുതി പറ്റത്തില്ല അതൊക്കെ അതാ സമയത്ത് എന്ത് ചെയ്യണം മനുഷ്യൻ ബുദ്ധി അനുസരിച്ച് ചെയ്യണം അപ്പം അതുപോലെയുള്ള ഒരു സന്ദർഭമാണ് ഈ കഥയിൽ കാണിക്കുന്നത് ഏത് അപ്പോൾ അവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ചിലപ്പോൾ എന്ത് ചെയ്യണമെന്നുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങളും ആശയക്കുഴപ്പങ്ങളും അവിടെ ഉണ്ടായിരിക്കും മഹാഭാരതം പറഞ്ഞ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് സാമാന്യമായി ധർമ്മത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളെ വ്യക്തമായി മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റും മനുഷ്യന്റെ ഓരോ ജീവിത സന്ദർഭങ്ങളിൽ ഇങ്ങനെയുള്ള ആശയ കുഴപ്പങ്ങളും മറ്റുമൊക്കെ മനുഷ്യന് വരും വന്നുകഴിഞ്ഞാൽ അപ്പോൾ വരുന്ന ഏതെങ്കിലും വ്യക്തി അനുസരിച്ച് ഉള്ളൂ അല്ലാതെ എന്താണ് എല്ലാ മനുഷ്യൻ നേരിടാൻ പോകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും സമാധാനമായിട്ട് ധർമ്മനിയമങ്ങളാക്കുക എഴുതി ഉണ്ടാക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ന്യായം എന്താണ് അന്യായം എന്താണെന്നുള്ള രീതിയിൽ കോടതിയിൽ വരുമ്പോഴത്തേക്ക് ഒരുപാട് പരസ്പരം വാദപ്രതിവാദം നടത്തി അവസാനം ജഡ്ജിമാരെന്തു ചെയ്യുന്നു ചിലപ്പോൾ പുതിയ നിയമങ്ങളുടെ രൂപത്തിൽ വിധിയുണ്ടാക്കും അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നതുകൊണ്ടാണ് എല്ലാ സന്ദർഭങ്ങളും മുൻകൂട്ടി കണ്ടിട്ട് ഒരു നിയമവസ്തു എഴുതാൻ പറ്റത്തില്ല നിയമോത്സവത്തിൽ പൊതുവായ കാര്യങ്ങൾ എഴുതും അപ്പോൾ മനസ്മൃതിയോ ഇതുപോലെയുള്ള സ്മൃതികളിലൊക്കെ പൊതുവായ കാര്യങ്ങൾ എഴുതി വെക്കും പിന്നെ ഓരോരോ ജീവിത സന്ദർഭങ്ങളിൽ വരുമ്പോഴത്തേക്ക് പല കാര്യങ്ങളും മനുഷ്യനാശയക്കുഴപ്പം ഉണ്ടാക്കും ഏതാണ് ന്യായം ഏതാണ് അന്യായം എന്നുള്ള ഒരു അപ്പോൾ അത് അങ്ങനെ വരുമെന്നുള്ളതാണ് ആ കഥയെ കാണിക്കുന്നത് അപ്പോൾ എന്താണ് പാഞ്ചാലി പറയുന്നതാണോ ശരി അത് എല്ലാവർക്കും അവിടെ ഒരു കൺഫ്യൂഷൻ വരുന്ന സന്ദർഭം അതല്ലേ ഞാൻ പറയുന്നത് അതല്ലേ പറയുന്നത് ഇതൊക്കെ ഓരോ സന്ദർഭം അനുസരിച്ച് മനുഷ്യന്റെ യുക്തി അനുസരിച്ച് അവിടെയൊക്കെ തീരുമാനിക്കാനേ പറ്റും അല്ല അങ്ങനെ പ്രശ്നങ്ങൾ വരില്ലെന്നുള്ളതല്ല പ്രശ്നങ്ങളൊക്കെ വരും എന്തൊക്കെ നിയമങ്ങൾ എഴുതി വെച്ചാലും അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് കോടതി വാദിക്കുന്നു ഒരുപാട് വാദപ്രതിവാദം നടത്തും ന്യായം അന്യായവും അങ്ങനെ നിയമങ്ങൾ വെച്ച് മാത്രം തീരുമാനിക്കാൻ പറ്റും ഓരോ സാഹചര്യങ്ങളിലും മനുഷ്യർ അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കാൻ പറ്റും അപ്പോൾ മഹാഭാരതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള ഉത്തരവൊന്നുമില്ല അപ്പോൾ അവിടെ വരുമ്പോൾ ഒരു മറിഞ്ഞു കിടക്കുന്ന പ്രശ്നമാണ് അതിൽ ഏതാണ് ശരിയെന്നുള്ള ആർക്കും തീരുമാനിക്കാൻ പറ്റുന്നില്ലെന്നാണ് അവിടെ പറയുന്നത് അങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരും അതാ എഴുതിയ കവി അങ്ങനെ ഈ ധർമ്മം തീരുമാനിക്കാൻ കഴിയാതെ വരുന്ന ഒരു സന്ദർഭത്തെ എടുത്ത് കാണിച്ചിരിക്കുന്നു കാരണം നിലവിലിരിക്കുന്ന നിയമങ്ങൾക്ക് വേണം വാദപ്രവാദം നടത്താൻ അല്ലാതെ വെറുതെ ബാധിക്കാൻ പറ്റില്ല നിയമ അന്ന് നിലവിലിരുന്ന നിയമങ്ങൾക്ക് അനുസരിച്ച് അവിടെ പെട്ടെന്നൊരു പറ്റുന്നില്ല ഏതാണ് ധർമ്മം ആർക്കും പറയാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു കൺഫ്യൂഷൻ അതാണ് കാണിക്കുന്നത് ആനന്ദം അങ്ങനെ വരും കൃഷ്ണനെ കാട്ടിലും സന്ദർശിച്ചു കഴിഞ്ഞ സമയത്ത് അർജുനനോട് പറയുന്നുണ്ട് ഈ കുഷ്ഠൻ നിങ്ങൾ രാജ്യം ഭരിക്കുന്നു നിങ്ങള് രാജ്യം ഭരിക്കേണ്ടതായിരുന്നു ഇപ്പൊ തന്നെ ഞാൻ അങ്ങനെ പോയി ഇല്ലാതാക്കും പറഞ്ഞൊരു കൊടുക്കുമ്പോ അർജുനൻ പറയുന്നു അങ്ങനെ വേണ്ട അത് ഇപ്പൊ ശരിയല്ല എന്ന് പറഞ്ഞു കൃഷ്ണനോട് ഉപദേശം കൊടുക്കുന്ന പോലെ കാണത്തില്ല എന്താണ് ആയിരക്കണക്കിന് ശ്ലോകമാണ് പല പല കാര്യങ്ങളും വരും പല അഭിപ്രായങ്ങളും വരും അതിന്റെയൊക്കെ ശരി തെറ്റുകൾ നമ്മളിപ്പോ കണ്ടുപിടിക്കാൻ പോയ ഒരു ജീവിതം കൊണ്ട് അതൊന്നും ചർച്ച ചെയ്ത് തീരാൻ പറ്റത്തില്ല അതുകൊണ്ടിപ്പം നമുക്കിപ്പോ എന്താ പ്രയോജനം ഒരു പ്രയോജനം ഇല്ല അവിടെ തന്നെ അവർക്ക് തന്നെ കൺഫ്യൂഷൻ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അതിപ്പോ വ്യാസന്നറിയാറും ഈ പറയുന്നതാണ് അറിയാം നിങ്ങക്ക് പറഞ്ഞിട്ട് എന്താ ഇപ്പഴത്തെ പിള്ളേര് പാഞ്ചാരിക്ക് ഇത്രയും വലിയ സാരി ഇടുന്നിട്ടിത്രയും വർഷത്തിലൊന്നും അതിലൊന്നും അന്നത്തെ സന്ദർഭത്തിൽ കഥകളിൽ പലതും എഴുതി വെച്ചില്ല ഭാഗം തുടങ്ങുമ്പോൾ നമുക്കിത് കഥകളിൽ പലതും പറയും കഥകളിൽ പരസ്പര വിരുദ്ധമായ പല കാര്യം പറയും നമ്മളത് ഇന്ന് ചർച്ച ചെയ്യുന്ന വേസ്റ്റ് ഒരു ഉപയോഗമില്ല സിനിമ കഥ പറയും പോലെയുള്ളു അതുകൊണ്ടൊന്നും മനുഷ്യനതുകൊണ്ട് യാതൊരു ഗുണവും ഇല്ല അത് ശരിയാണോ തെറ്റാണോന്നുള്ളത് അതിൽ തന്നെ ഉറപ്പില്ല പിന്നെ നമ്മൾ ഇന്ന് ചെറുച് ചെയ്തിട്ട് എന്തു ചെയ്യാനോ എന്തോന്നോ ചിന്തി എന്താഘോഷിക്കുന്നു ഭാഗവതക്കാർ ഇത് പറയുന്ന അവര് പ്രസംഗിക്കുന്നെച്ചാ അവർക്ക് പൈസക്ക് വേണ്ടിട്ട് അവരുടെ ജീവിതത്തിന് വേണ്ടിട്ട് ചെയ്യുന്നൊരു തൊഴിലാണ് അല്ല അവർക്ക് ധർമ്മം അധർമ്മോന്നൊരു വിഷയമല്ല ഭാഗവതവുമായിട്ട് പ്രസംഗിക്കാൻ നടക്കുന്ന എല്ലാവരും അവരുടെ ഉപജീവനത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു തൊഴിലാണ് അധികം ഞാനകത്ത് വേറെ ഒന്നും അതാ ചെയ്തോട്ടെ അതിനെന്താ ആൾക്കാർ കേൾക്കാനുണ്ടെങ്കിൽ അവർ പറഞ്ഞോട്ട് അതിനെന്താ പ്രത്യേകിച്ച് എന്താ അതിന്റെ ശരിയും തെറ്റൊന്നും നമ്മൾ ഇന്ന് ചിന്തിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല അതൊന്നും ഇന്നത്തെ മനുഷ്യന്റെ ജീവിതമായിട്ട് ഇന്ന് എന്താണ് നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കണമെങ്കിൽ അതൊക്കെ അനാവശ്യമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ചിന്തിക്കാം അല്ലാതെ ഇന്നത്തെ നമ്മുടെ ജീവിതത്തിന് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ ഇന്നത്തെ ഭരണഘടന ഇന്നത്തെ നിയമങ്ങളും ഇന്നത്തെ വ്യവഹാരങ്ങളുമാണ് അതാ അതിനു പറ്റിയ ആൾക്കാരത് നമുക്ക് തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നമുക്ക് കോടതിക്ക് പോയി വാദിക്കാൻ പറ്റുമോ അറിയാവുന്നവരത് ചെയ്യും അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളിൽ നമുക്കിടപെടാൻ പറ്റില്ല നമുക്ക് പരാതി ഉണ്ടെങ്കിൽ ബോധിപ്പിക്കാം പക്ഷെ നമ്മൾ ശരിയോ തെറ്റാണോ എന്നുള്ള വാദിക്കുന്നതിനു നമുക്ക് കൂലിക്ക് ആളെ വയ്ക്കണം വേറൊരു ജഡ്ജി തീരുമാനിക്കും നമുക്ക് തീരുമാനിക്കാൻ പറ്റും ഏതാണ് ന്യായം ഏതാണ് അന്യായം നമുക്ക് പരാതി പറയാനേ പറ്റും അപ്പോ പഴയ കാലത്തെ കാര്യം നമ്മൾ ചിന്തിച്ചിട്ട് എന്താ കാര്യം ധർമ്മപുത്തര് ശരിയോ പാഞ്ചാല് ശരിയോ ഭീഷ്മര് ശരി ഇതൊക്കെ അറിഞ്ഞിട്ട് നമുക്കെന്താ ഗുണം അതിനകത്ത് ആലോചിച്ചിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല പഴയ ഈ വ്യവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഇതൊക്കെ അസംബന്ധമാണ് അനാവശ്യമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി വേണമെങ്കിൽ അല്ല ആരെങ്കിലും പറയാം ഇതൊക്കെ വലിയ കേമമാണ് മെച്ചമാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അല്ല ഇതൊക്കെ അസംബന്ധമാണ് കാലകരണപ്പെട്ടതാണ് അതുകൊണ്ട് യാതൊരു ഉപയോഗമില്ല അതിന് വെറുതെ വൈറ്റ് വാഷ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറയാൻ വേണ്ടി സംസാരിക്കാം ഉം ശെരിക്കും മലയാളത്തിൽ പറഞ്ഞ ഒന്നും മനസ്സിലാവില്ല ആരുടെ കാര്യ പറയുന്നത് അറിയാൻ പറഞ്ഞല്ലോ അവർ ഉപജീവനത്തിനുവേണ്ടി പറയണം അതിന്റെ കൂടുതൽ എന്താ അറിയാനുള്ളത് അവരുടെ ജീവിതമാർഗം അവരിത് പറഞ്ഞാണ് ജീവിക്കുന്നത് അപ്പുറം ജീവിച്ചോട്ടെ കേൾക്കാൻ ആളുണ്ടല്ലേ കൊടുക്കാൻ ആളുണ്ട് പൈസ എന്നോട്ട് നിങ്ങളൊക്കെ എന്താണ് പ്രാർത്ഥിച്ച് പൈസ ഉണ്ടാക്കും പോലെ തന്നെ അവർ വേറെ വഴി നിങ്ങൾക്ക് വേറെ വഴി ഇതെല്ലാവരും മനുഷ്യൻ ജീവിക്കാൻ വേണ്ടി ഓരോ പണികൾ ചെയ്യുന്നു ഞാൻ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നു ഇതിനൊക്കെ അപ്പുറം ഉള്ളത് ഏ ഇത്രയുള്ള ഇതിനകത്ത് കാര്യങ്ങൾ ഇന്നത്തെ ധർമ്മം ഏത് ഇന്നത്തെ നീതി ഏതെന്നുവെച്ചാൽ നമ്മുടെ ഭരണഘടന അത് മനസ്സിലാക്കും അത് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല അത് നമ്മള് പൈസ കൊടുത്ത ആളെ വെച്ചാൽ അവര് നമുക്ക് വേണ്ടി പോയി ബാധിക്കും ചിലവ ജയിച്ചുവരും തോറ്റുന്നു ഇത്രയൊക്കെ ഇന്നും നടക്കത്തത് അതുകൊണ്ട് പഴയ അത് നമ്മള് വേസ്റ്റ് ചർച്ച ചെയ്യുന്നെങ്കിൽ ഇത്രേ ഉള്ളൂ അത് അസംബന്ധമാണെന്ന് മനസ്സിലാക്കാൻ ചർച്ച ചെയ്യാം മനസ്സിലായ അത് ഉപയോഗമില്ലാത്തതാണ് ഉപയോഗശൂന്യമാണ് കാലകരണപ്പെട്ടതാണെന്ന് ആർക്കെങ്കിലും മനസ്സിലാവുന്നില്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടി ചർച്ച ചെയ്യാം അല്ല ഇന്നത്തെ ജീവിതത്തിന് അതിന്നൊന്നും കൊണ്ടുവന്ന് ഉപകരിക്കാനൊന്നുമില്ല വിധിപത്തം പഴയ കാര്യം പറയുന്നില്ല ഇന്നത്തെ അല്ലല്ലോ പണ്ടത്തെ കാര്യം പണ്ടത്തെ കാര്യം പറയണേ ഇന്നത്തെ കാര്യമില്ല വേദം ഇന്നലെ ഒരുപാട് പറഞ്ഞതാണ് വേദം വിധി പ്രകാരം അധ്യയനം ചെയ്തതെന്ന് പറഞ്ഞാൽ ഇന്നിവിടെ ആരെങ്കിലും വേദം പഠിക്കുന്നുണ്ട് വിധിയുണ്ട് ബ്രാഹ്മണന് വേണ്ടി പറയുന്ന അല്ലെങ്കിൽ ബ്രാഹ്മണക്ഷേത്ര വൈശ്യന്മാർക്ക് വേണ്ടി പറയുന്നതിന് എനിക്കൊന്നുങ്ങൾക്കോ ഇതിനും ബാധമാണ് ഉപനയനം ചെയ്തിട്ടുണ്ടോ വേദം അധ്യയനം ചെയ്തിട്ടുണ്ടോ ഒന്നും ഇല്ല പഴയ കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയാണ് പഠിക്കുമ്പോൾ തന്നെ ഇത് ഉപയോഗമില്ലാത്ത കാര്യമാണെന്നൂടെ ഇന്നും ഉപയോഗമില്ലാത്ത കാര്യങ്ങളാണെന്നൂടെ മനസ്സിലാകണം പിന്നെ നമ്മൾ പറയുന്ന ചിലര് ഇതൊക്കെ എന്തോ വല്യ സംഭവമാണെന്നും പറഞ്ഞ് ഇന്നും ആൾക്കാർ പറ്റിക്കുന്നുണ്ട് പറഞ്ഞ് കുറെ ശൂദ്ര സന്യാസിമാരി അതൊക്കെ അസംബന്ധമാണ് ഇതിനൊന്നും ഇന്നും ഇതും കൊണ്ട് നടക്കേണ്ട യാതൊരു കാര്യമെന്ന് പറ്റിയ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുക എന്താണ് വിശാലാനുസരമായി ചെയ്യുമ്പോൾ സ്കൂള് നടത്തുകയോ അങ്ങനെ എന്തെങ്കിലും പണികളൊക്കെ ചെയ്യോ കെട്ടിടം കെട്ടുകയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യുമെങ്കിൽ ചെയ്യുക അല്ലാതെ വിധിപത്തറീറ്റാവശ്യമില്ല ഇതാണ് മനസ്സിലാക്കുക ആശുപത്രി നടത്തുകയോ സ്കൂള് നടത്തുകയോ ഉപയോഗമുള്ള എന്തെങ്കിലും ചെയ്യാ പറഞ്ഞത് ഇവിടെ പറഞ്ഞത് ഭാഷകാരം പറഞ്ഞ കാര്യം അതീത വേദാന്തേ ഇതുവരെ പറഞ്ഞു നിർത്തിയതാണ് ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ഒരാൾക്ക് ബ്രഹ്മ ജിജ്ഞാസ ഉണ്ടാകാം എങ്ങനെയാണെങ്കിൽ അയാൾക്ക് വൈരാഗ്യം ഉണ്ടെങ്കിൽ എന്ന് വെച്ച ശങ്കരാ പറഞ്ഞു വരുമ്പം ബ്രഹ്മ ജിജ്ഞാസ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം സന്യസിക്കാം അതാണ് പ്രത്യേകം ബ്രഹ്മ ജിജ്ഞാസ എന്താ നമ്മൾ എന്തെങ്കിലും പഠിക്കാൻ പോകുന്നത് നമുക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടായാൽ നമ്മൾ പോയി പഠിക്കും സന്യസിക്കേണ്ട ആവശ്യമില്ല പണ്ടങ്ങനെയല്ല ബ്രഹ്മജിജ്ഞാസ ഉണ്ടായി കഴിഞ്ഞാൽ ശങ്കരാചാര്യ പറയുന്നത് എന്താണ് അപ്പത്തന്നെ സന്യസിച്ചു പണ്ടാണ് പറഞ്ഞത് പുറകി ഗ്രഹസ്ഥാശ്രമം സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ സന്യസിക്കുക എന്തിനാ സന്യസിക്കണം ഏ ശ്രമത്തെ സന്യസും എന്നിട്ട് ബ്രഹ്മജിജ്ഞാസ എന്ന് പറയുമ്പോ ബ്രഹ്മ വിചാരം ചെയ്യാണത് അപ്പൊ അവിടെ ക്രമം ഇല്ല അതാണ് പറയുന്നത് ശ്രുതിയിലും സ്മൃതിയിലും ഒക്കെ പറയുന്ന ക്രമം എന്താണ് ആദ്യം ബ്രഹ്മചര്യം പിന്നെ ഗർഗസ്ഥ്യം മാനപ്രസ്ഥം പിന്നെ ബ്രഹ്മ അങ്ങനെയില്ല ഏത് സമയം വേണമെങ്കിലും ആകും ഇതിന്റെ ഒരു കോപ്പിയാണ് നമ്മളെന്ത് ചെയ്യുന്നത് ബ്രഹ്മവിദ്യാലയം അവിടെ വന്ന ആൾക്കാർ ബ്രഹ്മവിദ്യ പഠിക്കുന്നതൊക്കെ പണ്ട് ഈ പറഞ്ഞു വെച്ചൊരു ചെറിയ കോപ്പിയാണ് രണ്ടുപേരും പറയുന്നുണ്ട് ഒരു ബ്രഹ്മവിദ്യാലയം എന്ന് പറഞ്ഞെന്നും പറയുന്നു മതമഹാപാഠശാലഞ്ഞെന്നും പറയുന്നു രണ്ടഭിപ്രായം പറയുന്നു മറിച്ച് രസാവശ്രം അല്ലെങ്കിൽ പിന്നെ ബ്രഹ്മേണ്ട ബ്രഹ്മേത്യുപത് പറയുന്ന ഇനി അടുത്ത് പറയുന്നു യഥാചാഷ്യത്തിന് ഹൃദയാദി അവതാനം ആനന്തരീയ നിയമ ക്രമസായക്രമോ വിവക്ഷിത ഇവിടെ സങ്കരാകരത്തൊരു ഉദാഹരണം എന്ന് പറയുന്നത് ഒരു കടന്നൊരു ഉദാഹരണമായിട്ട് കാരണം ഇത് ബ്രഹ്മ വിചാരം ചെയ്യാന്ന് വെച്ചാൽ അത് വേദവിചാരമാണ് കാരണം ബ്രഹ്മത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന അവിടെ വേദത്തില് വേദവിചാരമാണ് അപ്പൊ വരുന്ന വിഷയങ്ങളെ ചർച്ച ചെയ്യുമ്പോൾ വേദത്തെ ചർച്ച ചെയ്തേ അത് ശരിയാണ് അപ്പൊ ഇതിന്റെ യുക്തികള് നിയമങ്ങളൊക്കെ പറയുമ്പോ വേദത്തെ മുമ്പ് വ്യാഖ്യാനിച്ചവർ എന്ത് നിയമങ്ങളാണോ പറഞ്ഞു എന്ത് വ്യക്തികളാണോ പറഞ്ഞു അതനുസരിച്ച് വേണം വേദത്തിൽ ബ്രഹ്മത്തെ വ്യാഖ്യാനിക്കുമ്പഴും എന്നാണ് ശങ്കരായ നിലപാട് മനസ്സിലായോ ചാ ഇവിടുത്തെ പ്രശ്നം ഇതാണ് ബ്രഹ്മജിജ്ഞാസക്ക് ക്രമം വേണോ വേണ്ടേ അത് വേദത്തിൽ നിന്ന് തീരുമാനിക്കണം വേദത്തിൽ എന്ത് പറഞ്ഞു വേദത്തിൽ അപ്പൊ ക്രമത്തെക്കുറിച്ച് എവിടെ പറയുന്നു എവിടെ എവിടെയെല്ലാം ക്രമത്തെ കുറിച്ച് പറയുന്നു അതുപോലെ ഈ ബ്രഹ്മജിജ്ഞാസയ്ക്ക് ഒരു ക്രമം വേണം അതിനു ഈ ഉദാഹരണം പറഞ്ഞത് ഹൃദയാദി അവൻ യഥാചഹൃദയാദി അവതാനം ആനന്തര നിയമ കുത അധ ജിഹ്വാസ അധ അഗ്രശ്ദാഭ്യം കർമ്മത്തിൽ ഹൃദയ ഹാർട്ടിരിക്കുന്ന ഭാഗമുണ്ടല്ലോ ഇത് മുറുക പിന്നെ അധ അനന്തരം ജുഹായ നാക്കൊണ്ടല്ലോ മുറിക്കുന്നു പിന്നെന്ത് ചെയ്യണം ഭക്ഷണം നെഞ്ചു പളർക്കണം ആരുടെ ആടിന്റെ ആടിന്റെ പശുവിന്റെ ആട് ചർച്ച അതായത് ചെമ്മരികടായിരിക്കും മിക്കവാറും ഈ ആടിന്റെ ഇങ്ങനെ മുറിക്കുന്ന എന്തിന് അവിടെ സംയുക്തമാക്കി അതിനോട്ട് ഹോമിക്കുക ആത്മവിചാരം ചെയ്യുന്നതിന്റെ ക്രമത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോ ശങ്കരകാരുടെ മനസ്സിൽ വന്നെന്താണ് അറക്കുന്ന കശാപ്പുകാരൻറെ അറപ്പിന്റെ ക്രമ ഇത് കുറച്ച് മോശമാണെന്ന് തന്നെ പറയേണ്ടി വേറെന്തെല്ലാം കർമ്മത്തിന് ഉദാഹരണം വേദത്തിൽ തന്നെയുണ്ട് അപ്പോ വൈദികരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു വിഷയമേ അല്ല അവരെ സംബന്ധിച്ചതൊക്കെ സാധാരണ കാര്യമാണ് അല്ലേ ഇപ്പോ ബ്രഹ്മചര്യം പരവസ്ഥ്യം വനപ്രസ്ഥം സന്യാസം ഇതാണ് ക്രമം ഈ ക്രമം ഏതുപോലെയാണെന്ന് ചോദിക്കുമ്പോൾ ഇത് ആട്ടിനെ അറക്കും പോലെയല്ല എന്ന് പറയുമ്പോൾ ഇത് രണ്ടും തമ്മിലെന്തെങ്കിലും ഒരു ചേർച്ച ഉണ്ടോ രണ്ടും കൂടെ ചേരും മറ്റേ ബ്രഹ്മവിദ്യ എന്ന് പറയുന്നത് എത്ര പവിത്രമായ ഒരു അറിവാണ് എത്രയോ ശ്രേഷ്ഠമായ ഒരറിവാണ് അതിന്റെ ഒരു ക്രമം പറയുമ്പോൾ മനുഷ്യന്റെ ജീവിതത്തിലെ ക്രമത്തെ എടുക്കുകയാണ് ഈ ക്രമം ഒരാട്ടിനെ കൊന്നതിനു ശേഷം അറക്കുന്ന ക്രമമാണ് പൊരുത്തക്കേടുണ്ട് പൊരുത്തക്കേട് എന്ന് വെച്ചാൽ ഇത്രയും ദിവ്യമായ ഒരു ബ്രഹ്മവിദ്യ മോക്ഷത്തിനുപകരിക്കുന്ന ബ്രഹ്മവിദ്യയെ കുറിച്ച് പറഞ്ഞപ്പം അക്രമം ആയിക്കൊള്ളട്ടെ ആ കർമ്മത്തിന് വേണ്ടി ശങ്കരായവിടെ കൊണ്ടുപോകുന്നത് എന്താണ് കശാപ്പ് ചെയ്യുന്ന ക്രമമാണ് വേദത്തിലായിക്കൊള്ളട്ടെ എന്നാലും അത് ഒരു പ്രാണി അറക്കുന്ന ക്രമമാണ് കൊണ്ടുപോകുന്നത് അപ്പോ ഇതിനകത്ത് ഒരു ഇല്ലേ വേറെ എന്തെങ്കിലും ക്രമം പറഞ്ഞുകൂടെ നേരത്തെ പറഞ്ഞപോലെ എന്താണ് വേദം കരുത്തുക വേദിങ് കരോതി കുഴപ്പമൊന്നുമില്ല അത് ചെയ്തിട്ട് ഇത് ചെയ്യിക്കും അതൊരു ക്രമമാണല്ലോ അഗ്നിഹോത്രം ജവാകും പലതി അതൊരു ക്രമമാണുണ്ടോ ഇനി പറയാൻ പോകുന്നുണ്ട് പല ക്രമങ്ങളും ഇങ്ങനെ എത്രയോ ക്രമങ്ങൾ പറയാനുണ്ട് ഇതെല്ലാം വിട്ടിട്ട് ശങ്കരാടെ മനസ്സിൽ പെട്ടെന്ന് ഓടി വന്നത് എന്താണ് വേദത്തിൽ പറയുന്ന അറക്കുന്ന ക്രമമാണ് അതൊരു ശവത്തെ അറക്കുന്ന ക്രമം ആടിനെ ശ്വാസം മുട്ടിച്ച കൊല്ലുന്നത് കൊന്ന് തേനെ അറക്കുന്ന ക്രമമാണോന്ന് വെച്ചാൽ എന്താണ് ഇതാണ് ചട്ടമ്പിസ്വാമി പറഞ്ഞത് എവരോടൊക്കെ മനസ്സ് കശപ്പുകാരന്മാരെ പോലെ ആയിപ്പോയത് ശങ്കരായും വ്യാസന്റെ മനസ്സേതുപോലെയായി അല്ലെങ്കിൽ പിന്നെ ഇത്രയും വലിയൊരു കാര്യം പറയുമ്പോൾ അറപ്പായി അറവുശാലയുടെ കാര്യം ഇവിടെ എങ്ങനെ ഉള്ളൂ അതൊരു ഗൌരവമായ പ്രശ്നമായി കാണുന്നില്ല ഉദാഹരണത്തിന് അതും എടുത്താവുന്ന ആപസ്തമ്പൻ ആണ് ഈ ക്രമത്തെ കുറിച്ച് പറയുന്നത് ശരിക്കും വേദത്തിലല്ല ആപസ്തംഭം പറയുന്ന വാക്യമാണ് വായിക്കുന്നവര് ശരിക്കും ഉൾക്കൊള്ളുകയും അന്ന് ഇതൊന്നും വിഷയമേ അല്ല ഇന്നാണ് ഇതൊക്കെ മിംസായത് ഇങ്ങനെ ഒരറപ്പുമില്ലാതെ ഈ കശാപ്പിന്റെ കാര്യങ്ങളൊക്കെ ഇവര് ചർച്ച ചെയ്യുമ്പോൾ ഇവരെന്തുകൊണ്ടിരിക്കർച്ച ചെയ്യുന്നു ചർച്ച ചെയ്യുന്ന കാരണം പറഞ്ഞിരിക്കുകയാണ് വേദത്തിൽ പറഞ്ഞിരിക്കുന്നു മീമാംസ ന്യായം അവിടെ അറുക്കുക എന്ന് പറയുന്നത് ഒരു സാധാരണ കാര്യമാണ് ഇങ്ങനെ അറുത്തിറ്റ് ഇതിന്റെ ഒരു ശകലം അവര് ഭക്ഷിക്കുകയും ചെയ്യും മനസ്സിലാവുക ഇതാണ് ബുദ്ധൻ എതിർത്തത് നോക്കിയവര് ഈ യാഗമത്തിന്റെ പേര് പറഞ്ഞ് ഇങ്ങനെ പ്രാണികളൊക്കെ കശാപ്പ് ചെയ്തു അന്ന് ഇവരിത് ചെയ്തിരുന്ന കാര്യം പഴയകാലത്ത് ശങ്കരായും പേര് കഴുകിയാണ് അപ്പോ അതിനു മുമ്പ് ഇതൊക്കെ നാട്ടു നടപ്പായിരുന്നു ഇങ്ങനെ കാലത്ത് ഇത് ചെയ്യുക അതുകൊണ്ട് അല്ലെങ്കിൽ ഇത് പറയാൻ പറ്റില്ലല്ലോ ഏഹ് ആ ഇത് ഹോമത്തിൽ അവിസായിട്ട് അർപ്പിക്കുന്നു അതിനു വേണ്ടിയിട്ട് വിശ്വസിക്കുന്ന ദേവതകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ അറക്കുന്നു അത് ശരി അത് അന്നങ്ങനെ ഒരു ആചാരം നടന്നിരുന്നു ഇതിനേക്കാലത്ത് പെരി കൊടുത്തിരുന്നു പ്രാകൃത മനുഷ്യരെന്ന് ഞാൻ പറയുന്ന അതാണ് ഈ മനുഷ്യരൊക്കെ ആദിവാസികളെന്ന് പറയാൻ കാരണം അതാണ് ആദിവാസികളെ മോശമാക്കാൻ വേണ്ടിയിട്ടല്ല പഴയകാലത്ത് ഇവരിങ്ങനെയൊക്കെ ചെയ്തിരുന്നു ഇങ്ങനെ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു ദോഷമുണ്ടെന്ന് ഇവർ കരുതിയിരുന്നില്ല അങ്ങനെ തിരിച്ചറിവില്ലാതിരുന്നു അതുകൊണ്ടാണ് ഒരു മണിയും കൂടാതെ ആ അർക്കുന്ന കാര്യം ഇവിടെ പറയുന്നത് ശങ്കരാചാര് പറയുന്നത് അപ്പ എന്താ പറയുന്നു ഞാൻ പറയുന്നത് ആ പുരോഹിതന്മാര് പുരോഹിതന്മാര് ഇല്ല ചെയ്യുന്നത് പുരോഹിതന്മാര് തന്നെയാണ് ഇത് ചെയ്യുന്നത് അവരറത്ത് ഇങ്ങനെ ഇടുന്നത് അപ്പൊ ഈ മനുഷ്യനെ അപ്പൊ ആൾക്കാർ ചോദിക്കും അതിനെന്താത്ത മനുഷ്യനെ ഇന്നും അറക്കുന്നില്ലേ സ്രാക്ഷണീകരല്ലേ മനുഷ്യനർന്നു തിന്നുന്നില്ലേ പിന്നെ നിങ്ങൾ എവരെന്തിനാ കുറ്റം പറയുന്നതെന്ന് ചോദിക്കും ഇവരെ അർത്ഥത്തിന് താഴ്ന്നും പിന്നെ വിഷയമായ ഇന്നും മനുഷ്യൻ അറുത്ത് തിന്നു തിന്നുന്നില്ലേ ഇല്ലേ പിന്നെന്താ പണ്ടുള്ളവരെ അറുത്ത് തിന്നതിന് ഇവരത്തിട്ട് കത്തിക്കുകയാണല്ലോ കുറച്ചല്ലേ തിന്നത്തുള്ളു അനന്തദോഷം ഇന്നത്തെ കാലത്ത് മനുഷ്യനാർത്ത് തിന്നുന്ന അതായത് മനുഷ്യന്റെ ഹിസ്റ്ററി ചരിത്രം പറയുന്ന ആദ്യകാലത്ത് മനുഷ്യര് മനുഷ്യൻ വെച്ച മനുഷ്യ എന്ന് പറയാ നമ്മുടെ തൊട്ട് നമ്മളോടൊപ്പം ജീവിച്ചിരുന്ന ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്നവർഗത്തിനൊപ്പം ജീവിച്ചിരുന്ന ആദ്യകാലത്ത് വെച്ചാൽ രണ്ടു ലക്ഷം വർഷത്തിനൊക്കെ അന്ന് ജീവിച്ചിരുന്നവർ ആദ്യം ചത്തമാംസം ചത്ത മൃഗങ്ങളുടെ മാംസമാ ഭക്ഷിച്ചത് ആദ്യം പിന്നെ അവരെന്ത് ചെയ്ത് കൊന്നു ഭക്ഷിക്കാൻ മതി അങ്ങനെയാണ് മനുഷ്യൻ മാംസം ഭക്ഷിക്കുന്നത് മനുഷ്യൻ തീ കണ്ടുപിടിച്ചു കഴിഞ്ഞ് ഉപയോഗിക്കാൻ കണ്ടുപിടിക്കുക ഉപയോഗിക്കാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഈ എന്താണ് മാംസങ്ങളെല്ലാം കത്തിക്കരിഞ്ഞ മണം അത് വന്നപ്പോൾ ഇവർക്ക് മണം ഭക്ഷണത്തിനോട് ആകർഷണം ഉണ്ടാക്കുന്നതാണല്ലോ ഇവരിതിനൊക്കെ തീയിലൊട്ടിച്ചുട്ട് അന്ന് മസാലയൊന്നുമില്ല വെറുതെ കരിച്ച് ആ മണം അടിച്ചപ്പോൾ തിന്നാൻ തുടങ്ങി അത് അവർക്ക് ഗുണം ചെയ്തിട്ടുണ്ട് അവരുടെ ബ്രെയിനൊക്കെ വികസിച്ച് അതുകൊണ്ടെന്നാണ് പറയുന്നു കരുണാമശാസ്ത്രം പറയുന്നു മനുഷ്യന്റെ ബുദ്ധിവികാസം ഉണ്ടായത് ഒരു ചുട്ട് തിന്നുകൊണ്ടെന്ന് പ്രോട്ടീനൊക്കെ കൂടുതൽ കിട്ടി കൂടുതൽ രുചികരമായി ഇപ്പോൾ കൂടുതൽ കഴിച്ചു കൂടുതൽ പ്രോട്ടീൻ അപ്പോൾ അന്ന് മനുഷ്യൻ ഭക്ഷണം ഇത് കഴിച്ചിരിക്കുന്ന വിശപ്പിന് വേണ്ടിയിട്ടാണ് വിശന്നാവൻ ഭക്ഷണം കഴിക്കും തേടി നടക്കും എന്തിനെങ്ങനെയൊക്കെ പിടിച്ചു നിന്ന് അങ്ങനെ കഴിച്ചു അത് കഴിഞ്ഞ് ഇന്ന് മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്ന എന്തിനു വേണ്ടി വളരെ ദാരിദ്ര്യമുള്ള മനുഷ്യരാണെങ്കിൽ അവര് വിശത്തിന് വേണ്ടി കഴിക്കും ദാരിദ്ര്യം മനുഷ്യരാണെങ്കിൽ എന്തിനു വേണ്ടി കഴിക്കും ടേസ്റ്റിന് വേണ്ടി ആരോഗ്യത്തിന് വേണ്ടിയൊക്കെയാണ് കഴിക്കും ആർഭാടത്തിന് വേണ്ടിയും കഴിക്കും അത് എന്താണ് സമ്പന്നൻ പാവപ്പെട്ടവർ ഒന്ന് ഗാസിലൊക്കെയുള്ള കുട്ടികളവര് വിശപ്പിനു വേണ്ടി കഴിക്കുകയാണ് അവർക്ക് ഭക്ഷണം കിട്ടാൻ മനുഷ്യരോഗ കാര്യം വന്നുകഴിഞ്ഞാൽ ഇവരിതിലൊന്നും പെടുന്നവരല്ല എവരീ കൊല്ലുന്നത് വിശപ്പ് വന്നിട്ട് കൊല്ലുന്നതല്ല ആരോഗ്യത്തിന് വേണ്ടി കൊല്ലുന്നതല്ല ടേസ്റ്റിനു വേണ്ടി കൊല്ലുന്നതല്ല ഇവര് കൊല്ലുന്നത് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് പറ്റിക്കാന്ന് ചോദിച്ചാൽ എങ്ങനെയവര് പറ്റിക്കുന്നു ഈ പുരോഹിതന്മാർ ഈ രാജാക്കന്മാരെ പറഞ്ഞു പറ്റിച്ചിരിക്കുന്നത് ഈ ആട്ടിനെയൊക്കെ കൊന്നിട്ട് അറുത്തു മുറിച്ച് ഈ ഹോമം നടത്തിക്കഴിഞ്ഞാൽ ഇവർക്ക് സ്വർഗ്ഗത്ത് പോകാമെന്നാണ് ഇത് വലിയൊരു തട്ടിപ്പ് അപ്പൊ ഇവരുടെ തട്ടിപ്പിനു വേണ്ടി ഇവരെ ചെയ്യുന്നു ഹിംസടത്തുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് പ്രശ്നം അതാണ് ഇതിന്റെ ദോഷം മനുഷ്യൻ ഇപ്പോൾ വിശക്കുന്നു വിശപ്പിനു വേണ്ടി മനുഷ്യൻ കൊന്നു നിന്നാൽ നമുക്ക് ഊറ്റം പറയാൻ പറ്റില്ല തിന്നാൻ പറ്റില്ല കണ്ട് വിശപ്പ് മാറില്ലേ ജീവിക്കില്ലേ ആ കുറച്ചൊക്കെ അവർ വറുത്ത് വറുത്തൊക്കെ കഴിക്കുവാനും കുറച്ച് കഴിക്കാനും ഇരിയുണ്ട് പങ്ക് കഴിക്കുന്ന വിധികളും ഉണ്ട് അതും കഴിക്കാം ആ അതെ ആ അങ്ങനെയാണ് അങ്ങനെയാണ് യാഗം അങ്ങനെ ഉണ്ടായതാണ് നിങ്ങളെ ഈ ഗണപതി ഹോമം പറഞ്ഞങ്ങനെ ഉണ്ടായെന്ന് വെച്ചുകഴിഞ്ഞാല് ഇവര് കാട്ടിൽ ജീവിച്ചിരുന്ന കാലത്ത് പകൽ ചൂട് രാത്രി തണുപ്പുമാണ് അപ്പം രാത്രി തണുപ്പിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം അങ്ങനെ തന്നെ അവർ ഉപയോഗം മനസ്സിലാകും തീ കണ്ടുപിടിച്ച് തീ കണ്ടുപിടിച്ചപ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലായി തീ കൂട്ടി ചുറ്റുവരുന്നു കഴിഞ്ഞാൽ നിന്ന് രക്ഷപ്പെടാം പിന്നെ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാം അതാ അവർ കണ്ടുപിടിച്ച് അങ്ങനെ തീ കൂട്ടി രാത്രി കിടന്നുറങ്ങിയപ്പോൾ പലർക്കും പൊള്ളി തീയിൽ നിന്ന് അപ്പം അവർ ആലോചിച്ച് എന്താ ഒരു വഴി അപ്പം വിചാരിച്ച ഒരു കുഴിയെടുക്കാം കുഴിക്കകത്ത് തീടാ ഇപ്പധികം പൊള്ളലേക്കത്തില്ല ചൂട് കൺട്രോൾ ചെയ്യുക മനുഷ്യന്റെ ബുദ്ധി വർക്ക് ചെയ്യുന്ന ഈ മനുഷ്യന്റെ ബുദ്ധി വർക്ക് ചെയ്യാൻ തുടങ്ങി ഇത് ചുട്ട് തിന്നതിന് ശേഷമാണ് പ്രോട്ടീൻ കൂടുതൽ ബുദ്ധി എന്ത് ചെയ്തു പ്രവർത്തിക്കാൻ തുടങ്ങി ഈ കുഴിക്കകത്ത് ഈ കുഴിക്കകത്ത് ഇങ്ങനെ വന്നപ്പോൾ ഇവർക്ക് ഒരു എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം കുഴിക്കകത്ത് ഇട്ടുടാം അനസിലായ കുഴിക്കകത്ത് അപ്പോൾ ഇവരുടെ മനസ്സിലെന്ത് ചെയ്തു പേടിയായി മൃഗങ്ങളൊക്കെ വന്ന് പിടിക്കുന്നു അപ്പോൾ ഇവരെന്തു ചെയ്തു പേടി വന്ന് സ്വ സ്വാഭാവികമായിട്ടും ഇവരെന്തു ചെയ്തു മഴ പെയ്യുന്നെ എങ്ങനെയെന്നറിയത്തില്ല ഇടിവട്ടുന്ന എങ്ങനെയെന്നറിയത്തില്ല വെള്ളപ്പൊക്കം അറിയത്തില്ല ഇങ്ങനെയൊക്കെ വന്നുകഴിഞ്ഞപ്പോൾ ഇവരെന്തു ചെയ്തു പ്രകൃതി ആരാധിക്കാൻ തുടങ്ങി അപ്പം ഇതിന്റെ പിന്നെ ലാരവും ഉണ്ട് ഇതെങ്ങനെ വരുന്നു എന്നറിയുന്നില്ലല്ലോ അപ്പം ഇവരീ കുഴിക്കാത്ത ഓരോ സാധനങ്ങൾ മുറിച്ചിട്ടിട്ട് അവരെടുത്ത് പിന്നെ ഇവർക്ക് സമർപ്പിക്കാനും തുടങ്ങി ഇവരെയൊക്കെ സന്തോഷിപ്പിക്കാൻ മനുഷ്യ പ്രാകൃതമായി ചെയ്തേണം ഇതിന്റെ ഇടയ്ക്കാണ് ആര് കടന്നു വരുന്നത് കൊറച്ചുപേര് പറയുന്നത് ഇതിങ്ങനെയല്ല ഞങ്ങക്ക് അറിയാമെന്ന് പറഞ്ഞു ഗണപതി ഹോമക്കാർ അവിടെ രംഗത്ത് വരും അതെ ആ അവര് പാടിയതൊക്കെയാണ് പിന്നീട് എന്തായി ശ്രുതി സ്മൃതിയെ കാലങ്ങളാണ് അതായത് പല ലഹരി ഊണുകളും അതും ഒക്കെ ഉപയോഗിച്ച് അവര് ലഹരിയൊക്കെ അടിച്ച് സോമരസവും ഉണ്ടാക്കി അവർ സന്തോഷം വന്ന് പാട്ട് പാടി തന്നെ സന്തോഷം വരുമ്പോൾ ഈ സ്വാമി പാട്ടൊക്കെ പാടാറില്ല അതുപോലെ തന്നെ അവർക്ക് സന്തോഷം വരുമ്പോൾ അവർ എന്തേം പാട്ട് മൊത്തത്തിൽ അത് വന്നത് അപ്പോ അതിന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം വന്നത് പിന്നെ അതിൻ്റെ ചില ചിന്തകന്മാരും ഉണ്ടായില്ലെന്ന് ഞാൻ പറയുന്നില്ല ചിന്തിക്കുന്ന ആൾക്കാരും അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായി ചിന്തിച്ചു ചില കാര്യങ്ങൾ അവരിങ്ങനെയൊക്കെ ചിന്തിച്ചു തിന്റെ ഇടക്ക് ഇത് എനിക്കറിയാമെന്നും പറഞ്ഞ് കുറച്ചുപേരും പറഞ്ഞു മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞ് അവരാണ് പുരോഹിതന്മാർ എന്ന് പറയുന്ന പുരോഹിത വർഗം അവരെന്തെയ്യുന്നു അവരിത് ചെയ്യുന്നത് ഈ ആൾക്കാരെ പറ്റിക്കാനാണ് അതാണ് ജീവിത ദോഷം എന്ന് ഇത്രയും ക്ലിയറായിട്ടായാലും പറഞ്ഞു തരത്തില്ല കേട്ടോ ഇത് നമ്മൾ പ്രത്യേകിച്ച് ദക്ഷിണായിരുന്നു അവരെന്ത് ചെയ്തു അവിടെയാണ് തവരാടും ഇത് ഭക്ഷണത്തിന് വേണ്ടിയുള്ള പ്രാണികളെ കൊല്ലുന്നില്ല ഇവരെ പറ്റിക്കാൻ വേണ്ടി അതാണ് എൻ്റെ ഏറ്റവും വലിയ ദോഷം അല്ല ഒരു ദിവസം വിശക്കുമ്പോൾ ഒരു പ്രാണിയെ പിടിച്ചു വന്നു വിചാരിച്ച് അത് തിന്നു വിചാരിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സിംഹത്തിനോട് മാനിപ്പിടിച്ചു നമുക്ക് പറയാൻ പറ്റും പറയാൻ പറ്റും അതെന്റെ ആഹാരമാണ് തിന്നേ അതിന് ജീവിക്കാൻ പറ്റും പക്ഷെ ഒരു കാര്യം നമുക്കതിനുപദേശിക്കേണ്ട കാര്യമില്ല എന്താണ് നിങ്ങളുടെ ആവശ്യമില്ലാതെ മാനിനെ പിടിച്ച് കൊല്ലരുതെന്ന് സിംഹത്തെ ഉപദേശിക്കേണ്ട കാര്യമില്ല എന്തുകൊണ്ട് വിശന്നാ മാത്രമേ അത് കൊല്ലത്തുള്ളൂ ഒരു സിംഹവും വിശന്ന് കിടക്കുമ്പോഴല്ലാതെ അത് എന്തിനെങ്കിലും തിന്ന് വയറു കറഞ്ഞ് കിടക്കുമ്പോൾ അടുത്ത് മാൻ വന്നു നിന്ന് പുല്ല് നോക്കി അറിയാം സിംഹം ഞാൻ തല ചേർത്ത് നോക്കും മാനവിടെ നിന്ന് പുല്ല് അത് അവിടെ വീണ്ടും കിടന്നുറങ്ങും അത് പിടിക്കത്തില്ല പക്ഷേ ഈ ദുഷ്ടന്മാരെങ്ങനെയാണോ യുവന്മാർ വിശപ്പൊന്നും ഇല്ലെങ്കിൽ അവരെന്തെയ്യും ഈ പ്രാണികളെയൊക്കെ പിടിച്ചുകൊണ്ട് വന്ന് ശ്വാസം മുട്ടിച്ച് വന്നിട്ട് ഇവരെന്തെയും ഈ ഹോമകുണ്ഡത്തിൽ അറത്തിട്ടിട്ട് ദേവപ്രീതിക്ക് വേണ്ടി ചെയ്യുമ്പോൾ സിംഹം എന്താണ് സിംഹങ്ങളെക്കാളും ക്രൂരന്മാരാണ് ആര് സിംഹം ക്രൂരനല്ല സിംഹം എന്ന് പറയുന്നത് ഒരു ജീവിക ആണ് അത് അതിന്റെ ആഹാരം മേട്ടയെടുത്തിട്ടുണ്ടോ അതിനെ അറിയാവൂ സൗകര്യപ്രവൃത്തിയാണ് സമൂഹത്തെ ഒരിക്കലും നമുക്ക് ക്രൂരം എന്നും പറയാൻ പറ്റില്ല പക്ഷെ യുവന്മാരോഷികൾ ഇവരാണെങ്കിലും ഇവർ ക്രൂരന്മാരാണ് കാരണം ഇവർ എന്തു ചെയ്യുന്നു ഇതിനെ മറ്റുള്ളവരെ വഞ്ചിക്കാൻ വേണ്ടിട്ട് ഈ പ്രാണികളെ പിടിച്ചു ഇതൊരു ചെറിയ സംഭവല്ല മഹാഭാരതം വായി എത്ര ഇരുന്നൂറോ മുന്നൂറോ ജാതി ഓന്തിന് ഉടുമ്പിനെയും പല്ലിയും സർവ്വത്തിനെയും പിടിച്ചിട്ട് ഹോമിക്കുകയാണ് കോമിക്കുന്നത് മഹാഭാരതത്തിൽ ഇത് എല്ലാം എന്താണ് ആദിവാസികൾ എല്ലാം ഒരേ കണക്കി തന്നെയാണ് ഇവരെന്തോ ലോകത്തിന് വലിയ വിജ്ഞാനം കൊടുത്തു എന്ന് പറയുന്നിടത്താണ് ഏറ്റവും വലിയ അബദ്ധം മനസിലായോ ഇവരെല്ലാം ചെയ്യുന്ന പരിപാടികളെന്ന് പറയുന്ന ഒന്നുപോലെ ഈ പ്രാണികളെയൊക്കെ പിടിച്ചു കൊന്നു ഇങ്ങനെ ബലി കൊടുത്ത് അതുകൊണ്ട് ഇന്ന് മനുഷ്യൻ അവന്റെ ടേസ്റ്റിനു വേണ്ടിയോ ആഹാരത്തിന് വേണ്ടിയോ ഒക്കെ പ്രാണികളെ കൊല്ലുന്നതെന്നും എത്രയോ മോശം കാര്യമാണിത് അതിനും വളരെ വളരെ മോശം കാര്യമാണ് ഈ ദേവപ്രീതിക്ക് വേണ്ടിട്ട് ഈ പ്രാണികളെ കൊന്നിട്ട് ഇതില് വഞ്ചനയില്ല ഇന്നത്തെ മനുഷ്യൻ ചെയ്തു ഇത് ഇതിനകത്ത് വഞ്ചന കൂടിയുണ്ട് ജനങ്ങളെ പറ്റിക്കുക എന്ന് പറയും ഇത് ഇവര് ഈ കുഴിയെടുത്ത് അതിനകത്തോട്ട് ഇതിനൊക്കെ ചുട്ട് നിന്നപ്പോൾ ഇവനതിന്റെ ഇടയ്ക്ക് വന്ന് വന്ന് കയറിയാണ് എന്താണ് എനിക്കറിയാൻ ഇത് ഇതിന് വേറെ ഇതില ഉപയോഗം ഉണ്ടെന്ന് പറഞ്ഞ് വന്ന് കയറിയാണ് പുരോഹിതൻ ഇതിനെയൊക്കെ ഹോമിക്കാൻ തുടങ്ങി ഫലങ്ങൾ പറഞ്ഞ് ആൾക്കാരെ പറ്റിച്ച് ഇന്ന് എത്ര നൂറ്റാണ്ട് കഴിഞ്ഞ് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് തുടങ്ങിയ പരിപാടി ഇന്നും നിങ്ങൾ അത് ചെയ്ത് കാഴ്ച ഉണ്ടാക്കുന്നു ഈ പാഞ്ഞാളിലൊരാതി അതിരാത്രി നടന്നു എന്റെ ചെറിയ പ്രായത്തിലാണ് അന്ന്മാരെല്ലാരും കൂടെ ഈ ആടിനെ ശ്വാസം മുട്ടിച്ചു കൊല്ലാനൊരു പ്ലാൻ ചെയ്തു അന്ന് യുക്തിവാദികളെല്ലാം വിളിച്ചെന്നാ വിളിക്കുന്നു വലിയ ബഹളം ഉണ്ടാക്കി അങ്ങനെ നടക്കില്ലെന്ന് പറഞ്ഞു കേരളത്തിൽ നടക്കില്ലെന്ന് പറഞ്ഞു പിന്നെ ആ പരിപാടി അവർ ഉപേക്ഷിച്ചു ശ്വാസം മുട്ടിച്ചു കൊല്ലുന്നതൊക്കെ അവരുപേക്ഷിച്ച് പിന്നെന്താ അരിമാവെന്തോല പോലെ ഉണ്ടാക്കിട്ട് അതിനെ ശ്വാസം മുട്ടിച്ചു ംസ്ഥാന സനാതനധർമ്മം ഒക്കെ പുനരുജ്ജീവിപ്പിക്കായിട്ടുണ്ട് എന്നെ പുനരുവിജീവിപ്പിക്കുന്ന കുട്ടികളുണ്ട് ആര് ായ നമ്പൂരിയാണെങ്കി ഇട്ടോട്ട് ആയിക്കോട്ടെ അനന്തായ നമ്പൂരിയാണെങ്കി ആ നമ്പൂരിന്ന് ഇട്ടോട്ട് അനന്തോ അത് അതുകൊണ്ടല്ല അല്ലേ പുള്ളി ജീവിക്കുന്നു നിങ്ങളുടെയൊക്കെ പേരന്റെ കൂട്ടത്തില് എന്താണ് വിശ്രുത അത്മാ ആനന്ദനായിരുന്നു നിങ്ങക്ക് നിങ്ങക്ക് ആനന്ദാന്നെങ്കിൽ അയാൾക്ക് നമ്പൂതിരി നിങ്ങൾ ഈ ആനന്ദേരാ ബ്രഹ്മശ്വരി ഇതൊക്കെ എന്തെങ്കിലും അർത്ഥമുണ്ട് എന്തെങ്കിലും കാര്യമുണ്ട് എഴുതി വയ്ക്കുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ പിന്നെ ആയൊക്കെ നമ്പി പറയുമ്പോൾ നമ്മുടെ കാര്യം കൂടെ ആലോചിക്കും ഓ സമയം പോയി ആ ബാക്കി പിന്നെ പറയാ നീ പറയാനുണ്ടല്ലോ ഒരുപാട്